കർമ്മ അവബോധാനന്തരം വിശേഷ കർമ്മ അവബോധം കർമ്മജ്ഞാനം ധർമ്മമീമാംസ അതിനു ശേഷം അതാന്ന് വെച്ച അനന്തരമാണ് അതിനുശേഷം ബ്രഹ്മജിജ്ഞാസ എന്നാണെങ്കിലോ അതാണ് വിശേഷമായിട്ട് പറയേണ്ടത് അപ്പൊ ആദ്യം ധർമ്മ ജിജ്ഞാസ പിന്നീട് അങ്ങനെയോജ്ഞാസായ പ്രാഗവി അതീത വേദാന്തജ്ഞാസത്തെ അതിനാണ് ശുദ്ധം <relatively80> <in audience> അത് കഴിഞ്ഞ് അത് പിന്നീട് കഴിഞ്ഞിട്ടാണ് പിന്നീട് വരുന്ന കാര്യാണ് കഴിഞ്ഞ നമ്പര് കറക്റ്റ് ചെയ്യുന്നു അത് പോയ ഇടയ്ക്ക് പോയതാണ് ധർമ്മ ജിജ്ഞാസായ പ്രാഗബി അതീത വേദാന്ത സി ബ്രഹ്മജിജ്ഞാസബോധി പറയുന്നു എന്താണോ ധർമ്മ ജിജ്ഞാസായ പ്രാഗബി ഇതെല്ലാം വേദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച വേദവാക്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നതെല്ലാം ആദ്യം ധർമ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ പൂർവ്വ വിമോഹാംസ വിചാരം ചെയ്ത് പിന്നെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് അത് കഴിഞ്ഞ് പിന്നെ ബ്രഹ്മജന്യാസാകുന്നു പക്ഷേ വേദത്തിൽ പറയുന്നത് എന്താണ് എതിവ ഇതരത ബ്രഹ്മചര്യ ദൈവ പ്രപ്രചയത് അതിൻ്റെ ആവശ്യമെന്താ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യാസമാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മ ജിജ്ഞാസയ്ക്ക് മുമ്പ് തന്നെ ബ്രഹ്മ ജിജ്ഞാസയാകാം എന്നർത്ഥം സാധാരണ പറയും ബ്രഹ്മചര്യം പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം ഗൃഹസ്ഥനാകണം ബ്രഹ്മചര്യം പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യണം ഗൃഹസ്ഥനാകണം അങ്ങനെ ഒരു ക്രമം പറയുന്നുണ്ട് ഗൃഹത്തിൽ തന്നെ പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും എന്തുകൊണ്ടായിരുന്നു ഈ ദഹരവ വിരജ തദഹരവ പ്രവചി എപ്പോഴാണോ ഒരാൾക്ക് വിരക്തി ഉണ്ടാകുന്നു അഹരവ വിരജയെ എപ്പോഴാണോ വിരക്തി ഉണ്ടാവുന്നപ്പോൾ അവിടെ ധർമ്മജിജ്ഞാസ നിർബന്ധമില്ല ബ്രഹ്മചര്യത്തിടുന്നു ഇതൊക്കെ ചിന്തിക്കുന്ന പഴയ ആശ്രമ അവസ്ഥയനുസരിച്ചാണ് ബ്രഹ്മചര്യം ഗർഗസ്ഥ്യം സന്യാസം ഇപ്പം നേരത്തെ എന്തു ചെയ്യാം നേരത്തെ തന്നെ പക്ഷെ ബ്രാഹ്മണ ത്രിഭുർ മൂന്ന് ഇറണത്തോടു കൂടിയാണ് പ്രധാനമായും പറയുന്നത് അതാണ് അത് പ്രത്യേകം പറയുന്നത് ബ്രാഹ്മണ മൂന്ന് കടത്തോടു കൂടിയിട്ടാണ് ജനിക്കുന്നത് ജനിക്കുമ്പം തന്നെയുണ്ട് ഏതൊക്കെയാണ് കടങ്ങൾ ഇരണം എന്നാണ് ദേവകിരണം പിതൃകിരണം ഋഷി ഇരണം കടം ദേവകിരണം അത് വീട്ടിലുണ്ടെങ്കിൽ യാഗങ്ങളും മറ്റും ചെയ്യണം പിതൃകിരണം ഉണ്ട് അത് പിതൃക്കൾക്കുള്ള കർമ്മങ്ങൾ ചെയ്യണം ഋഷിയിരണം അത് വേദാധ്യയനം കൊണ്ട് അപ്പോൾ ബ്രാഹ്മണ ബ്രാഹ്മണൻ എന്തു ചെയ്യുന്നു ത്രിഭുർ ഇരണവാൻചായലേ മൂന്നെണ്ണത്തോടുകൂടിയാണ് ജനിക്കുന്നത് എന്ന് പറയും മെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആദ്യം ആ മൂന്ന് കടം ജനിക്കുമ്പം തന്നെ ഉള്ളതുകൊണ്ട് എന്ത് ആദ്യം ധർമ്മജിജ്ഞാസ അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം അതുകഴിഞ്ഞ് ബ്രഹ്മജിജ്ഞാസ അപ്പോഴേ പരിപ്രജനം സാധ്യമാകുന്നതാണ് അതിനാണ് പറയുന്നത് അങ്ങനെയല്ല എന്നാ ധർമ്മ ജിജ്ഞാസായ പ്രാഗബി ബ്രഹ്മചര്യത്തിൽ തന്നെ ധർമ്മ ജിജ്ഞാസയ്ക്ക് മുമ്പ് അതീത വേദാന്തസ്യ ഉപനിഷത്ത് അധ്യയനം ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രഹ്മജിജ്ഞാസുഹി ബ്രഹ്മജിജ്ഞാസയുക്തം തന്നെ പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആദ്യം ബ്രഹ്മചാരി പിന്നെ ൻ പിന്നെ വാനപ്രസ്ഥൻ പിന്നെ സന്യാസി അങ്ങനെ ബ്രഹ്മജിന്യാസെ ക്രമമില്ല അങ്ങനെ പറയുന്നു യഥാ ഹൃദയാദി അനന്ത ഹൃദയായ അധ വക്ഷത കൈത്രി സം എന്താണ് യാഗത്തിന് അഗ്നിഷോമിയ മൃഗം അതിനെ യാഗത്തില് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്തുപറയുന്നു ഹൃദയ അധികം ഹൃദയത്തിന്റെ മേൽഭാഗത്ത് മുറിക്കണം അതജിഹ്വായ പിന്നെന്ത് ചെയ്യണം നാക്ക് അധപക്ഷസിനെ നെഞ്ചങ്ങ പിള്ള അങ്ങനെയാണ് ഈ ആടിനെയും മറ്റും മുറിച്ച് അഗ്നിശോമിയത് അവിടെ ഹീസായിട്ട് അർപ്പിക്കേണ്ടത് അപ്പോൾ ഇവിടെ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് തൈത്തിരി സംഹിതയിൽ പറഞ്ഞാണ് അപ്പം ക്രമത്തിന് തന്നെ ചെയ്യണം ക്രമം മാറ്റാൻ പാടില്ല ക്രമത്തിൽ ചെയ്താലേ അപൂർവ്വം ഉണ്ടാകത്തുള്ളു എന്നാലേ യാഗത്തിൽ നിന്നും ഫലമുണ്ടാകത്തുള്ളു അപ്പോൾ അവിടെ മന്ത്രത്തിൽ പറയുന്നുണ്ട് ഹൃദയ അഗ്രെ അവധ്യതി എന്ന് പറഞ്ഞിട്ട് പറയുന്നു അധ അനന്തരം ക്രമത്തെ പറയുന്നു ജിഹ്വാഹ അത് കഴിഞ്ഞ് അധ പക്ഷസ ഇവിടെ അധ അഥ എന്ന് പറയുന്നത് എന്താണ് ക്രമമാണ് ആ ക്രമത്തിന് തന്നെ ഇതിനെ ർപ്പിക്കുന്നത് അപ്പൊ വ്യക്തമായും വേദത്തെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ പ്രാണികളെയൊക്കെ മുറിച്ച് അർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആര്യസമാജികളും മറ്റും പറയുന്നത് എന്താണോ വേദത്തിൽ ജന്തുഹിംസ പറഞ്ഞിട്ടില്ല എന്നാണ് അതിന് തൊട്ടാ മതി എന്നാണ് പറഞ്ഞത് സ്പർശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ മുറിക്കാൻ അല്ലാതെ പക്ഷെ ഇവിടെ ഇപ്പോൾ ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നത് എന്താണ് മുറിക്കാനെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു മുറിക്കുന്നതിന് ക്രമവും പറഞ്ഞിട്ടുണ്ട് അതുപോലൊരു ക്രമം ഇവിടെയില്ല ബ്രഹ്മജിജ്ഞാസക്ക് ഇങ്ങനെ ആദ്യം ബ്രഹ്മചാരി ആയി പിന്നെ ഗൃഹസ്ഥനായി പിന്നെ വനപ്രസ്ഥനായി പിന്നെ സന്യാസിയായി പിന്നെ ബ്രഹ്മ ജിജ്ഞാസ അങ്ങനെയൊന്നുമില്ല അപ്പം ക്രമം ഇല്ലയെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വേദത്തിലൊരു ക്രമത്തെ എടുത്ത് കാണിച്ചിട്ട് അതുപോലെ ക്രമം ഇവിടെ ഇല്ലെന്ന് പറയുന്നു ഹൃദയ അവതാനം ഹൃദയത്തെ മറ്റും മുറിക്കുന്നതിന് ആനന്തരീ നിയമ അവിടെ ക്രമനിയമുണ്ട് ക്രമസ്യ വീക്ഷവിടെ ക്രമം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏതത്തിൽ തന്നെ കർമ്മത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാ തഥാ ഇവിടെ ക്രമം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബ്രഹ്മ ജിജ്ഞാസയില് ക്രമത്തിന്റെ ആവശ്യം ഇല്ല എന്നറിഞ്ഞാ ഗ്രഹസ്ഥന് മുമ്പ് ബ്രഹ്മഗിരി ആശ്രമത്തിൽ തന്നെ എന്തുവരാ ബ്രഹ്മജിജ്ഞാസ വരാം ബ്രഹ്മജിജ്ഞാസെന്ന് നമ്മുടെ സന്യാസവും വരും വേദത്തിൽ പറഞ്ഞിട്ട് ബ്രഹ്മചാര്യം സമാധ്യ ഗ്രഹീഭവ ബ്രഹ്മചര്യം സമാപ്യ ഗ്രഹീഭവേത് ഗ്രഹീഭൂത്ത് വനീഭവേത് ഗ്രഹസൃശ്രമം നീണം അതും പറയുന്നുണ്ട് ചെന്നിട്ട് പിന്നെ സന്യസിക്കണം അപ്പൊ ബ്രഹ്മചുന് ഇതൊക്കെ വേദത്തിൽ പറയുന്നുണ്ട് എല്ലാത്തിനും വേദത്തിൽ പ്രമാണമുണ്ട് പക്ഷെ ആ ക്രമമൊന്നും ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ശേഷശേഷിത്വം അംഗ അംഗിഭാവം ധർമ്മജിജ്ഞാസയുടെ അംഗമാണ് ബ്രഹ്മജിജ്ഞാസ അതും ഇവിടെ ഇല്ല ധികൃത അധികാരം ധർമ്മ ജിജ്ഞാസയ്ക്ക് അധികാരിയായവനെ ബ്രഹ്മ ജിജ്ഞാസക്ക് അധികാരിയാകത്തുള്ളൂ അതുമില്ല എന്നുവെച്ചാൽ ആദ്യം അവൻ ധർമ്മജിജ്ഞാസയ്ക്ക് അധികാരി ആവണം എന്ന് വെച്ചാൽ ചെയ്യണം അത് ചെയ്തിട്ടേ എന്തു ചെയ്യാൻ പാടുള്ളു ബ്രഹ്മജിജ്ഞാസ പാടുള്ളു അങ്ങനെ ഇല്ല ഈ രണ്ട് കാര്യങ്ങളും ഇല്ല എന്ന് പറയുന്നത് എന്താണ് ദർശപൂർണ മാസാഭ്യാം ഇഷ്ടുവോമേനെ ചെയ്ത ഒരു വാക്യമാണ് ദർശയാകും പൂർണമാസയാകവും ഈ രണ്ടും ഇഷ്ടുവ ചെയ്തിട്ട് സോമേനെ ചെയ്ത പിന്നെ സോമയാകുക ചെയ്തു അപ്പം അവിടെ എന്താണ് ഇതിനു പറയുന്നത് ശേഷശേഷി ഭാവം എന്ന് പറയുന്നത് അധികൃത അധികാരം എന്ന് പറയുന്നതാണ് അപ്പോൾ ദർശപൂർണമാസേന ഷ്ടശപൂർണ മാസത്തിൽ അധികാരിയായിട്ടുള്ളവൻ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നു സോമയാകം അധികാരി അപ്പം അത് ചെയ്യുന്നവനെ ഇതിന് അധികാരമുള്ളൂ അല്ല ധർമ്മ ജിജ്ഞാസക്ക് അത് ചെയ്തിട്ട് ഇത് അങ്ങനെയില്ല പിന്നെ ശേഷശേഷി ഭാഗം എന്ന് പറയുന്നത് എന്താണ് ദർശപൂർണ മാസ അഭ്യാംസുകയും സർ എന്ന് പറയുന്ന അങ്കിയാണ് അതിന്റെ അംഗമാണ് ഇട യജതി തനൂനപാതം യജതി സ്വഹാകാരം യജതി എന്നൊക്കെ പറയുന്ന അങ്കയാകുന്നു അപ്പോ അവിടെ അംഗവും മറ്റു വരുന്നേക്കാൻ ദർശപൂർണമാസയാഗം അങ്കയും ബാക്കി വരുന്നേക്കാൾ അംഗങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട് അപ്പൊ ദർശപൂർണമാസയാഗത്തിൽ നിന്നുള്ള അപൂർവം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണോ അതിന്റെ അംഗങ്ങളും ചെയ്യണം അവിടെ അംഗ അങ്കിഭാവവും അങ്കി ദശപൂർണമാസ യാഗവും പ്രയാജയും അനുയാജ ഇതൊക്കെ പറയുന്ന എന്താണ് അതിന്റെ അംഗങ്ങളും അപ്പം ചെയ്യുന്നവൻ അതോടൊപ്പം എന്ത് ചെയ്യണം അങ്കികൾ ചെയ്യുന്നവൻ അതിനോടൊപ്പം എന്ത് ചെയ്യണം അതിൻ്റെ അംഗങ്ങളെയും ചെയ്യണം അതുപോലെ ധർമ്മ മീമാ അങ്കിയും ബ്രഹ്മമീമാംസ അംഗവും അങ്ങനെയും പറയാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം വേദ ഇവിടെ ചർച്ച ചെയ്യുന്നതൊക്കെ എന്താണ് ഉപനിഷത്തുകൾ വേദത്തെ അടിസ്ഥാനമാക്കിയാണ് ചർച്ച അതുകൊണ്ട് വേദത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത് എല്ലാ സാധാരണ ലൗകിക വ്യക്തികളല്ല വേദത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ധർമ്മ ജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസയും തമ്മിലുള്ള ബന്ധം എന്താണ് ധർമ്മജിജ്ഞാസയും ധർമ്മജിജ്ഞാസ അങ്കിയും ബ്രഹ്മജിജ്ഞാസ ധർമ്മ ജിജ്ഞാസയ്ക്ക് അധികൃതനായവനാണോ ബ്രഹ്മ ജിജ്ഞാസയ്ക്ക് അധികാരി ഇതൊക്കെയാണ് ചിന്തിക്കുന്നു അല്ലെങ്കിൽ വേദത്തിൽ ക്രമം പറഞ്ഞിരിക്കുന്നത് പോലെ ധർമ്മജിജ്ഞാസയ്ക്ക് ശേഷം ബ്രഹ്മ ജിജ്ഞാസ അങ്ങനെ ഒരു ക്രമമുണ്ടോ ഇതെല്ലാം നിഷേധിക്കുന്നു പറയുന്നു ശേഷ ശേഷിത്വേ അധികൃത അധികാരിവാ പ്രമാണഭാവം അവിടെയൊക്കെ പ്രമാണങ്ങളുണ്ട് യാഗത്തിൽ മൃഗത്തിനെ മുറിക്കുമ്പം ക്രമമുണ്ട് ദർശപൂർണമാസത്തിന് ശേഷ ശേഷിത്വത്തിന് നിയമമുണ്ട് പ്രമാണമുണ്ട് പിന്നെ അവിടെ തന്നെ അഗ്നി ദർശപൂർണമാസം ചെയ്തിട്ട് സോമയാഗം ജനവും പറയുന്നിടത്ത് പ്രമാണമുണ്ട് അതുപോലെ ഇവിടെ പ്രമാണം ഇല്ല പ്രമാണമുള്ളടത്ത് അത് സ്വീകരിക്കും ധർമ്മമീമാംസയും ബ്രഹ്മ മീമാംസയും തമ്മിൽ ഇത്തരത്തിലുള്ള പ്രമാണങ്ങളൊന്നും ർത്ഥം അതുമാത്രമല്ല ധർമ്മ ജിജ്ഞാസക്ക് ശേഷം ബ്രഹ്മജിജ്ഞാസന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ധർമ്മ ജിജ്ഞാസയുടെയും ബ്രഹ്മജിജ്ഞാസയുടെയും ഫലത്തിനും ജിജ്ഞാസ്യം എന്താണ് ഇച്ഛാ വിഷയം അതിനും ധർമ്മ ജിജ്ഞാസയുടെ ഫലം അത് അടുത്ത് പറയുന്നുണ്ട് വ്യത്യാസം ഉണ്ടെന്നാണ് അവിടെ പറയുന്നത് ധർമ്മം ബ്രഹ്മ ജിജ്ഞാസ ധർമ്മ ജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസക്ക് ഫല ജിജ്ഞാസ്യ ഭേദ ഫലത്തിനും ജിജ്ഞാസ്യം അതിനും ഭേദമുണ്ട് അങ്ങനെ അഭ്യുദയ ഫലം ധർമ്മജ്ഞാനം ധർമ്മജിജ്ഞാസ അതുകൊണ്ടെന്തുണ്ടാവുന്നു ധർമ്മജ്ഞാനം ഉണ്ടാവും ധർമ്മജ്ഞാനത്തിന്റെ ഫലം എന്താണ് അഭ്യുദയം സ്വർഗാദി ഫലം സ്വർഗാദി ഫലങ്ങളെയാണ് എന്തു പറയുന്നത് അഭ്യുദയം അതാണ് അതിൻ്റെ ഫലം അതിൻ്റെ പ്രത്യേകത എന്താണ് അഭ്യുദയ ഫലം ധർമ്മജ്ഞാനം അഭ്യുദയമാകുന്ന ഫലത്തോടു കൂടിയതാണെന്താ ധർമ്മജ്ഞാനം എന്ന് വെച്ചാൽ ധർമ്മ ജിജ്ഞാസ കൊണ്ടുണ്ടാകുന്ന ജ്ഞാനത്തിന്റെ ഫലം എന്താ അനുഷ്ഠാനാപേക്ഷ അതും അവിടെ എന്താണ് ധർമ്മ ജിജ്ഞാസ ധർമ്മജ്ഞാനം അത് കഴിഞ്ഞ് ധർമ്മ അനുഷ്ഠാനം അത് കഴിഞ്ഞാണ് ഫലം ഇത്രയുണ്ട് അവിടെ അപ്പം ഫലത്തിനും വ്യത്യാസമുണ്ട് ധർമ്മ ജിജ്ഞാസയുടെ ഫലം ഉണ്ടാകണമെങ്കിൽ എന്തുവേണം അനുഷ്ഠാനം വേണം ധർമ്മം എന്ന് പറയുന്ന യാഗങ്ങളാണ് അപ്പം ഈ യാഗത്തെ കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടാകുന്നു അപ്പോൾ അതിൻ്റെ അറിവുണ്ടാകും അതിൻ്റെ അറിവുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു പിന്നെ അനുഷ്ഠിക്കുന്നു യാഗം ചെയ്യുന്നു യാഗം ചെയ്തു കഴിഞ്ഞാൽ എന്തോരുന്നു ഫലം ഉണ്ടാകുന്നു അപ്പം തെച്ചാന്ന് വെച്ചാൽ ഫലം അനുഷ്ഠാനാപേക്ഷമാണ് ഇനി ബ്രഹ്മജിജ്ഞാസ അതുപോലല്ല എന്തുകൊണ്ട് നിശ്രേസഫലം എന്താ ബ്രഹ്മവിജ്ഞാനം ബ്രഹ്മ ജിജ്ഞാസയാണെങ്കിൽ എന്തോരുന്നു അത് നിശ്രേയസമാണ് അതിന്റെ ഫലം എന്തുകൊണ്ട് ഉണ്ടാവും ഉണ്ടാവും ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലം മോക്ഷം മറ്റിടത്ത് അഭ്യുദയമാണെങ്കിലും ഇവിടെ മോക്ഷമാണ് അപ്പൊ ഫലഭേദമെന്ന് കർമ്മത്തിന് നാനാഫലങ്ങളുണ്ട് പക്ഷെ എല്ലാത്തിനും ചേർത്താണ് പറയുന്നത് എന്ത് അഭ്യുദയം ഇവിടെ ബ്രഹ്മചിജ്ഞാസക്ക് ഒറ്റ ഫലമേ ഉള്ളൂ എന്താണ് മോക്ഷം അതാണ് നിശ്രേയസഫലതു ബ്രഹ്മവിജ്ഞാനം എന്നുവച്ചാ അനുഷ്ഠാനാന്തരപേക്ഷ അവിടെ അനുഷ്ഠാനാന്തരമില്ല മറ്റൊരു അനുഷ്ഠാനമില്ല എവിടെ ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലത്തിന് വേറെ ഒരനുഷ്ഠാനം ഇല്ലെന്ന് പറയാ എന്താണ് ബ്രഹ്മജ്ഞാനം മതി ബ്രഹ്മജ്ഞാനം മതി ബ്രഹ്മജ്ഞാനത്തിന് എന്താകും മോക്ഷമുണ്ടാകും അവിടെ ബ്രഹ്മജ്ഞാനത്തിന് ശേഷം എന്തെങ്കിലും അനുഷ്ഠാനം അങ്ങനെയില്ല ജപിച്ചിട്ടോ ധ്യാനിച്ചിട്ടോ ഒന്നുമില്ല മോക്ഷത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെയോ ബ്രഹ്മവിജ്ഞാനം ഉണ്ടായാൽ പിന്നീടവിടെ വേറെ പക്ഷേ ധർമ്മ ജിജ്ഞാസലങ്ങനെയല്ല ധർമ്മ ജിജ്ഞാസ ഉണ്ടാകുമ്പം യാഗത്തെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം യാഗം അനുഷ്ഠിക്കണം അനുഷ്ഠിച്ചാലേ ഫലം ഉണ്ടാകത്തുള്ളു ഇവിടെ അങ്ങനെയല്ല പിന്നെ ഒന്നും അനുഷ്ഠിക്കാനില്ല ബ്രഹ്മജിജ്ഞാസുണ്ടാവുന്നു ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്നു ബ്രഹ്മജ്ഞാനം കൊണ്ട് മോക്ഷം ജ്ഞാനാ ദേവത കൈവല്യം ജ്ഞാനം കൊണ്ടാണ് മോക്ഷം ഉണ്ടാകുന്നത് എന്നർത്ഥം അതുകൊണ്ട് ഇവിടെ മറ്റനുഷ്ഠാനങ്ങളൊന്നുമില്ല ധർമ്മ ജിജ്ഞാസയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം ധർമ്മ ജിജ്ഞാസ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ധർമ്മത്തെ കുറിച്ച് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ഗൃഹസ്ഥാശ്രമിയാകും ഗൃഹസ്ഥാശ്രമിയായാലേ എന്തു പറ്റോ ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റും ആണ് പറയുന്നത് അധീത്യവിധിവേദാന് ആദ്യം എന്ത് ചെയ്യണം വേദങ്ങളെ അധ്യയനം ചെയ്യണം പുത്രാൻസ് ഉത്പാദ്യാർമികമായ രീതിയിൽ പുത്രന്മാരെ ഉത്പാദിപ്പിക്കണം എന്ന് പറഞ്ഞ എന്താണ് ധാര്മിക രീതി എന്ന് പറയുന്നത് എന്താണ് വിവാഹം കഴിക്കണം വിവാഹം കഴിച്ച് അതിൽ നിന്ന് പുത്രന്മാരുണ്ടാവണം പിന്നെ ഇഷ്ട അവനവന്റെ ശേഷിക്കനുസരിച്ച് എന്ത് ചെയ്യണം യാഗങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യണം മനസ്സിനെ മോക്ഷത്തിൽ അർപ്പിക്കേണ്ട വാദ്യം എന്ത് ചെയ്യണം വേദം അധ്യയനം ചെയ്യണം പിന്നെ വിവാഹം കഴിച്ച പുത്രന്മാരുണ്ടാവണം പിന്നെ ഗൃഹസ്ഥാശ്രമം തീരുന്ന് തന്റെ കഴിവിനനുസരിച്ച് യാഗങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം മനസ്സിനെ മോക്ഷത്തിൽ അർപ്പിക്കണം അത് പറയുന്നു അനധിത്യജോ വേദാൻ ഇന്നൊരു ബ്രാഹ്മണൻ വേദ അധ്യയനം ചെയ്യുന്നില്ല വേദത്തെ അധ്യയനം ചെയ്യുന്നില്ല അനുപാദ്യാത്മജാൻ വിവാഹം കഴിക്കുന്നില്ല പുത്രന്മാരെയും ഉണ്ടാക്കുന്നില്ല സന്യാസിയായി ഇതിനൊന്നും പോകുന്നില്ല അനിഷ്ടിച്ച യജ്ഞങ്ങളൊന്നും അനുഷ്ഠിക്കൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ മോക്ഷം ഇച്ഛൻ വൃജത്യഥ അങ്ങനെയുള്ള ഒരുത്തൻ മോക്ഷത്തെ ആഗ്രഹിച്ചാൽ അവൻ നരകത്തിപ്പോ ഇത് സ്മൃതിയോട് പറഞ്ഞിട്ടുള്ളതാണ് മനസ്സിലായ ഒരു ബ്രാഹ്മണൻ ഏതാ അധ്യയനം ചെയ്യുന്നില്ല വിവാഹം കഴിക്കുന്നില്ല പുത്രന്മാരുണ്ടാക്കുന്നില്ല യാഗം ചെയ്യുന്നില്ല ഇതൊന്നും ചെയ്യാതെ എന്തെയ്യുന്നു അവൻ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അവൻ അവിടെ പോകും നരകത്തിൽ എന്നെല്ലാം ഉള്ളത് ഇവിടെ പറയുന്നത് യതിവോ ഇതര ബ്രഹ്മചര്യദേവ പ്രജേത് അല്ലെങ്കിൽ എന്താണ് ഗൃഹാത്മാ വനാത്മാ ീയത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് ശ്രുതി പറയുന്നു മറ്റു സ്മൃതികൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ പറയുന്നു ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് സന്യസിക്കാം അല്ലെങ്കിൽ എവിടെ നിന്ന് ഗൃഹാത്മാ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും സന്യസിക്കാം വനപ്രസത്തിൽ നിന്നും സന്യസിക്കാം എന്തായാലും ശരിയ ദഹരേവ വിരജിത് എപ്പോഴാണ് ഒരാൾക്ക് വിരക്തി ഉണ്ടാകുന്ന അപ്പൊ തന്നെ അയാൾ എന്ത് ചെയ്യണം ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ചർച്ച ചെയ്യുന്നത് ആ അത് നേരത്തെ പറഞ്ഞല്ലോ സ്വാധ്യായ അധ്യയന ആനന്ദരി സമാനം എന്ത് പണി എന്ത് വേണം സ്വാധ്യായ അധ്യയനം വേണം അതിൽ ശങ്കരാചര്ക്ക് കുറച്ചുകൂടെ നിർബന്ധമുള്ളത് എന്താണ് അങ്ങനെ വേദാധ്യയനം ചെയ്ത് ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിച്ച് മോക്ഷത്തിലേക്ക് പ്രവർത്തിക്കണമെങ്കിൽ അവൻ ബ്രാഹ്മണം തന്നെ ആയിരിക്കണം തിരുജാതികളായാലും ഒരാരം ക്ഷത്രീ പറ്റില്ല അത് ശങ്കരാചാരുടെ ഇതാണ് അവൻ ഇവിടെ ബ്രാഹ്മണ കുടിയിൽ തന്നെ യാ പറ്റില്ല എന്നുകൊണ്ടാണ് ശങ്കരാത് അവർക്കുമില്ല സന്യാസം എന്ന് പറയുന്ന ആർക്കേ അവകാശമുള്ളൂ ബ്രാഹ്മണന് മാത്രേയുള്ളൂ അപ്പൊ ഈ ശൂദ്രന്മാരൊക്കെ സന്യാസി ചെയ്ത് നടക്കുന്നത് രാമായണത്തിനു വെച്ചിരിക്കുന്നത് ശ്രീരാമം പോയിന്നും ചോദിച്ചില്ല നീ ഏത് ജാതി എന്ന് ചോദിച്ചോളൂ ഞാൻ ശൂദ്രനാണ് പിന്നെ രണ്ടാമത് ചോദ്യം ഒന്നും ഇല്ല കേട്ടപാടി എന്ത് ചെയ്തു വാളൂരി തലവെട്ടി എന്തിനു എന് ബ്രാഹ്മണന്റെ കുഞ്ഞു ശൂദ്രൻ താണ് അപ്പൊ ബ്രാഹ്മണന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇത് വാൽമീകി രാമായണത്തി എഴുതിയിരിക്കുന്നു അപ്പൊ ബ്രാഹ്മണന്റെ രക്ഷയ്ക്ക് വേണ്ടി തപസ് ചെയ്ത ശൂദ്രന്റെ തലവെട്ടിയ ആ രാമനെയാണോ ഇന്ന് ശൂദ്രന്മാരെല്ലാം പൂജിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാ ആ രാമനെയാണ് ഇന്ന് പൂജിക്കുന്നത് വലിയ അമ്പലമൊക്കെ കെട്ടി വെച്ച് വലിയ ആഘോഷ നടത്തി ശൂദ്രന്മാരോ കൂടുതലും കാരണം ഭൂരിപക്ഷ ശൂദ്രന്മാരാണ് അപ്പൊ പറയുന്നത് ആ രാമനങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് കാരണം രാമൻ അങ്ങനെയുള്ള രാമരാജ്യം എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇല്ലെന്നാണ് ഇന്ന് ശൂദ്രന്മാര് പറയുന്നു പക്ഷെ ശങ്കരാചാര്യ എഴുതി വെച്ചിരിക്കുന്നതാണ്പോ എന്താണ് അതിനൊരു ചാൻസുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റി രാമൻ തലപെട്ടാനാണ് സാധ്യത പിഴച്ചു പറയുന്നത് ഉത്തരരാമായ പ്രക്ഷിപ്തമാണ് അങ്ങനെ പറയുന്നു അത് പ്രക്ഷിപ്തമാണ് അതുകൊണ്ട് എന്താണ് അതങ്ങനെയൊന്നും രാമൻ ചെയ്തിട്ടില്ല വാൽമീകരാമായണത്തിന് എന്താണ് ശ്രീരാമ ഭട്ടാഭിഷേകം അത്ര അതുവരെയുള്ളൂ അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം എന്താണ് തലവെട്ടിന്നൊക്കെ അവളുടെ കഥകള് പിന്നീട് എഴുതി ചേർത്താണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ പൂർവ കാണ്ടമയേ ഉള്ളു രാമായണത്തിൽ അവിടെ പോയി യുദ്ധം ചെയ്ത് രാവണനെ കൊന്ന് സീതയെ വീണ്ടെടുത്ത് അതുവരെ ഉള്ളു ബാക്കിയൊന്നുമില്ല അത് പ്രക്ഷിപ്തമാണ് അതുകൊണ്ട് രാമൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ പല അതുകൊണ്ടെന്താണ് ഇവിടെ പറയുന്നത് ബ്രഹ്മജ്ഞാനം അനുഷ്ഠാനാന്തരാപേക്ഷ അനുഷ്ഠാനാന്തരം ബ്രഹ്മജ്ഞാനത്തിന് ശേഷം പിന്നെ ഒരു പ്രവൃത്തി മോക്ഷത്തിന് വേണ്ടി ചെയ്യേണ്ടത് ജ്ഞാനം എന്നാൽ മോക്ഷം പിന്നെ വേറെയും വ്യത്യാസങ്ങളുണ്ട് ധർമ്മവും ബ്രഹ്മജ്ഞാനവുമായിട്ട് ഭവ്യശ്ചർമ്മോ ജിജ്ഞാസയോ ഇന്ന ജ്ഞാനകാലയസ്ഥി അപ്പം ധർമ്മം എന്ന് പറയുന്നത് യാഗത്തെ പറയാം അല്ലെങ്കിൽ യാഗത്തിൽ നിന്നുണ്ടാകുന്ന അപൂർവത്തെയും പറയാം രണ്ടായാലും എന്താണത് സാധ്യമാണ് വേദാധ്യയനം ചെയ്ത് അതിനെ കുറിച്ച് അതിന്റെ അനുഷ്ഠാനത്തിലൂടെ സാധ്യമാകുന്ന ധർമ്മം ഇപ്പോൾ ഉള്ളതല്ല അതായത് വേദാധ്യയനം ചെയ്യുമ്പോൾ വേദത്തിൽ നിന്ന് ധർമ്മ മീമാസയിലൂടെ അതിൻ്റെ ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ധർമ്മമുണ്ടാവും അനുഷ്ഠാനം കൊണ്ട് എന്തുണ്ടാവും ധർമ്മം ഉണ്ടാവും ധർമ്മം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അപൂർവമാണ് അത് അനുഷ്ഠാനം ചെയ്ത ഉണ്ടാവും അതാണ് ധർമ്മത്തിൻ്റെ പ്രത്യേകത അതാണ് ജിജ്ഞാസികധർമ്മ ജിജ്ഞാസയ്ക്ക് വിഷയമായിരിക്കുന്ന പൂർവകാണ്ഡത്തിൽ പറയുന്ന ധർമ്മം ഭവ്യ ഭവ്യ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാവേണ്ടതാണ് എന്നാ ജ്ഞാനകാലയസ്ഥി എപ്പോഴാണോ ഈ ധർമ്മത്തെ കുറിച്ചൊരാള് ജ്ഞാന സമ്പാദിക്കുന്ന ആ ജ്ഞാനകാലത്ത് ഈ പറയുന്ന അപൂർവം ഇല്ല അപൂർവം ഉണ്ടാകണമെങ്കിൽ എന്തുവേണം അധിഷ്ഠാനം വേണം അത് മാത്രല്ല പുരുഷ വ്യാപാരതന്ത്രത്വ പുരുഷന്റെ പ്രവൃത്തിക്ക് അധീനമാണത് അപൂർവം ഉണ്ടാവണമെങ്കിൽ ഒരുത്തനെന്തു ചെയ്യണം യാഗം എന്ന് പറയുന്ന വ്യാപാരം പ്രവൃത്തി ചെയ്യണം പുരുഷവ്യാപാര തന്ത്രം എന്ന് വെച്ചാൽ പുരുഷവ്യാപാരത്തിന് അധീനമാണെന്ത് അപൂർവം അതാണ് ധർമ്മം അപ്പം ധർമ്മത്തിന് വ്യത്യാസമുണ്ട് ഇഹതു ഇനി ഇവിടെ പറയുന്ന ബ്രഹ്മ ജിജ്ഞാസയിലാണെങ്കിലോ ഇഹതു ഭൂതം ബ്രഹ്മ ജിജ്ഞാസ്യം ഇവിടെ എന്താണ് ബ്രഹ്മ ഭവ്യമല്ല ഭൂതമാണെന്ന് വെച്ചാൽ സിദ്ധമാണ് ഇപ്പോഴുള്ളതാണ് അനുഷ്ഠാനം കൊണ്ട് നേടിയെടുക്കേണ്ടല്ലേ എന്ത് ബ്രഹ്മ അത് നിത്യശുദ്ധ ബുദ്ധ മുക്തമാണ് ഭൂതം ബ്രഹ്മ സിദ്ധമാണ് ബ്രഹ്മ അതാണ് ജിജ്ഞാസ അതിനാണ് ഇവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നിത്യത്വാം എന്തുകൊണ്ട് അത് ഭൂതം എന്ന് പറഞ്ഞു നിത്യമായതുകൊണ്ട് എന്നും ഭൂതം എന്ന് വെച്ചാൽ എന്നുള്ളത് നിത്യമായതുകൊണ്ട് അതുകൊണ്ട് എന്താണ് പുരുഷ വ്യാപാരതന്ത്രം അത് പുരുഷപ്രവൃത്തിക്ക് അധീനമാണ് എന്തെങ്കിലും ഒരു പുരുഷപ്രവൃത്തി ചെയ്ത് അപൂർവത്തെ പോലെ നേടിയെടുക്കേണ്ടതല്ല ബ്രഹ്മ ജിജ്ഞാസയിലെ ബ്രഹ്മം പക്ഷേ ധർമ്മ ജിജ്ഞാസയിലെ ധർമ്മം എന്ന് പറയുന്നത് ശരി അപൂർവമായാലും ശരി പുരുഷപ്രവൃത്തിയിലൂടെ ശ്രദ്ധിക്കുന്ന ഒരു ഒന്നാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയും അതുകൊണ്ട് ധർമ്മ ജിഞ്ാസിയും ബ്രഹ്മ തന്നെ മനസ്സിലാവും അതിന് അതുപോലെ കാണരുത് അതുമാത്രുന്നത് വേദവാക്യത്തെ വേദവാക്യം എന്ന് പറയുന്നത് എങ്ങനെയുള്ള വേദവാക്യാണ് അജ്ഞാതമായ വേദവാക്യങ്ങൾ അതാണ് ചോദന ആ ചോദന പ്രവൃത്തിയില് വ്യത്യാസമുണ്ട് വേദവാക്യങ്ങളുടെ പ്രവൃത്തിയിലും വ്യത്യാസമുണ്ട് എന്തിനെ സംബന്ധിച്ചും ധർമ്മത്തെ സംബന്ധിച്ചും ധർമ്മത്തെ സംബന്ധിച്ചും എന്താണ് ചോദന പ്രവൃത്തി അത് പറയും ലക്ഷണം സുജാനേ പുരുഷം അവബോധി ലക്ഷണം ചോദന യാതെന്താണോ ധർമ്മത്തിന്റെ ലക്ഷണം എന്ന് വെച്ചാൽ പ്രമാണം ധർമ്മത്തിന് പ്രമാണമായിരിക്കുന്ന ചോദനന്ന് വെച്ചാ വേദവാക്യം സ്വർഗകാമോ യജയിത പോലെയുള്ള വേദവാക്യങ്ങളാണ് ധർമ്മത്തിന് ലക്ഷണം അതായത് പ്രമാണമായിരിക്കുന്ന വേദവാക്യം അപ്പൊ സാക്യം എന്തു ചെയ്യുന്നു സ്വവിഷയെ നിയുഞ്ചാനേവ ആ വാക്യം അതിന്റെ വിഷയത്തിൽ യാഗത്തിലും മറ്റും ന്യൂജാന പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആരെ കേൾക്കുന്നവന് പുരുഷനെ അവബോധേതി യാഗത്തെ കുറിച്ച് ബോധിപ്പിക്കുന്നു സ്വർഗകാമോ ചെയ്തെന്ന് പറയുമ്പോൾ എന്താണ് യാഗം ചെയ്യാനാണ് അപ്പോ ആ വ്യക്തി എന്ത് ചെയ്യുന്നു യാഗത്തെ ബോധിപ്പിക്കുക മാത്രമല്ല യാഗം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് അതിലേക്ക് നിയോഗിക്കുകയാണ് നിയഞ്ചാന നിയോഗിക്കുന്നുവെച്ചാൽ പ്രവർത്തിപ്പിക്കുന്നു അപ്പൊ അത്തരം വാക്യങ്ങൾ എന്ത് ചെയ്യുന്നു രണ്ടു കാര്യങ്ങൾ ചെയ്യുന്നു ഒന്ന് യാഗത്തെ അവനെ ബോധിപ്പിക്കുന്നു മറ്റൊന്നെന്ത് ചെയ്യുന്നു അവനെ പ്രവർത്തിപ്പിക്കുന്നു പ്രേരിപ്പിക്കുന്നു പറയാം അതാണ് ചോദന ധർമ്മസി ലക്ഷണം ധർമ്മത്തിന് ലക്ഷണമായിരിക്കുന്ന ചോദന പ്രമാണമായിരിക്കുന്ന വേദവാക്യം അത് സുവിഷയേ ആ വാക്യത്തിന്റെ വിഷയമായ യാകത്തിൽ ധർമ്മത്തിൽ പുരുഷം നിയഞ്ചാനവ പുരുഷനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ അവബോധയതി ധർമ്മത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു ബ്രഹ്മചോദനത്തു പുരുഷം അവബോധയത്യേവ കേവലം പക്ഷെ ബ്രഹ്മചോദന എന്നുവെച്ചാൽ ബ്രഹ്മജിജ്ഞാസയിലെ ബ്രഹ്മചോദന എന്ന് പറയുന്ന ബ്രഹ്മത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്ന വാക്യങ്ങളേത് സത്യജ്ഞാനം അനന്തം ബ്രഹ്മ അയമ നാം ബ്രഹ്മ തത്വമസി ഈ വാക്യങ്ങളെയാണ് ബ്രഹ്മചോദന എന്ന് പറയുന്നത് അത് സ പുരുഷം അവബോധയത്യേവ പുരുഷം കേവലം അവ അവബോധയത്യേവ പുരുഷനെ ബോധിപ്പിക്കുന്നതേയോ അവിടെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് തത്വം മസി എന്താണ് പറയുന്നത് നീ അതാണ് അത്രയേ ഉള്ളൂ ബോധിപ്പിക്കുന്നേ ഉള്ളു അതുകൊണ്ട് നീ അതാണ് അതുകൊണ്ട് ഇന്നത് ചെയ്യൂ എന്നത് പറയുന്നില്ല മനസ്സിലായ സത്യം അതുകൊണ്ട് നീ ഇന്നത് ചെയ്യു അങ്ങനെ പറയുന്നില്ല പിന്നെ ചെയ്യുന്നു ബോധിപ്പിക്കുന്നതേയുള്ളു അതാണ് ബ്രഹ്മചോദനാത്തോ ബ്രഹ്മചോദന പുരുഷൻ അവബോധ്യത്യോ ബോധിപ്പിക്കുന്നതേയുള്ളൂ അവബോധസ്യ ചോദനാജന്യത്വ എന്ന പുരുഷോ അവബോധെ നീച്ചതേ അവബോധം എങ്ങനെയുണ്ടാവും ബ്രഹ്മബോധം ബ്രഹ്മ അവബോധം എങ്ങനെയുണ്ടാവും അങ്ങനെ ഉണ്ടാകുന്നു വാക്യജന്യമാണ് ആണ് പറഞ്ഞത് അവബോധസ്യ ചോദനാജന്യത്വ അവബോധം ചോദനയിൽ നിന്നാണ് േത്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് പിന്നെ പുരുഷം പുരുഷോ അവബോധം നീച്ചിരും അതുകൊണ്ട് ബോധത്തിൽ പ്രവർത്തിപ്പിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല മനസ്സിലായ ഒരു വാക്യം കേട്ടുകഴിഞ്ഞാൽ എന്തുവരുന്നു ബോധം ഉണ്ടാകുന്നു ബോധം ഉണ്ടാകുമെങ്കിൽ പിന്നെ ബോധത്തിനെന്താ പ്രവർത്തിപ്പിക്കാൻ എന്തുകൊണ്ട് വാക്യം എന്ന് പറയുന്നത് ശ്രവണേന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കുന്നു ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് അതിന്റെ അർത്ഥബോധം ഉണ്ടാകുന്നു ആ അർത്ഥബോധം ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധമാണ് അങ്ങനെ ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവനെ എന്തിനു പ്രവർത്തിപ്പിക്കാനാണ് കാരണം ബോധം ഉണ്ടായതിന് ശേഷം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെങ്കില് പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ നേരിട്ട് ബോധം ഉണ്ടാവണം പിന്നെ പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യം ഇല്ല ആ ധർമ്മബോധം അങ്ങനെ യാഗത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നു പിന്നെ അവനോട് എന്തു പറയുന്നു യാഗം ചെയ്യുക പിന്നീട് ചെയ്യുന്നു ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യാനില്ല എന്നർത്ഥം ആണ് പറയുന്നത് എന്ത് ചെയ്യുന്നു അവബോധ്യ ചോദനാജന്യത്വം യഥാർത്ഥേ യഥാ അക്ഷിക നീച്ചതേ എന്ന് പൂർവത്തോട് അന്വേഷിക്കുന്നു എങ്ങനെയാണോ അക്ഷ അർത്ഥ സന്നി ഘർഷം എന്നുവെച്ചാ ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സന്നി ഘർഷം ഉണ്ടാകുമ്പോ എന്തുവരുന്നു അർത്ഥ അവബോധേ പുരുഷന് അർത്ഥബോധം ഉണ്ടാകുന്നു അവിടെ എന്ത് ചെയ്യുന്നു പൂർവത്തോട് പുരുഷ അവബോധയെന്ന് അനുഭവിച്ചിട്ട് അവിടെ അവബോധത്തിൽ പുരുഷനെ പ്രവർത്തിപ്പിക്കേണ്ട കാര്യമില്ല ഉണ്ടോ ഒരാൾ മുമ്പിലിരിക്കുന്ന പുസ്തകത്തിൽ നോക്കുന്നു അതാണ് അർത്ഥം ചക്ഷു ഇന്ദ്രിയത്തിന് പുറത്തു പുസ്തകമായിട്ടൊന്നും ഉണ്ടായി ഉണ്ടായി അയാളുടെ ഉള്ളിലെന്ത ഉണ്ടാകുന്നു അർത്ഥാവബോധം ഉണ്ടാകുന്നു ഇതുപോലെയാണ് തത്ത്വസീ എന്ന് കേൾക്കുമ്പോൾ ഒരുവൻ്റെ ഉള്ളിലെന്തുണ്ടാകുന്നു ബ്രഹ്മം ഞാനുണ്ടാകുന്നു അവിടെ അവിടെ അതിൽ പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ല യാഗത്തിലെങ്ങനെയാണോ ഒരു മനുഷ്യനെ നിയോഗിക്കുന്നത് പ്രവർത്തിപ്പിക്കുന്നു ചെയ്യൂ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല പുസ്തകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുസ്തകം ഞാനുണ്ടാകും പുസ്തകം ഞാനുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവനോട് ആരും പറയേണ്ട കാര്യമില്ലെന്നാണെന്ന് നീ പുസ്തകജ്ഞാനത്തെ ഉണ്ടാക്കൂ എന്ന് പറയേണ്ട ആവശ്യമുണ്ടാകും പുസ്തകജ്ഞാനത്തെ അവനെ കൊണ്ടുണ്ടാക്കിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അവൻ പുസ്തകത്തിൽ നോക്കിയാ എന്തോരും പുസ്തകജ്ഞാനം ഉണ്ടാകും എന്തുകൊണ്ടാണ് അക്ഷവും അർത്ഥവുമായിട്ട് സന്നിധത്തിൽ അർത്ഥാനുണ്ടാവും എങ്ങനെയാണോ അർത്ഥവും അക്ഷവുമായിട്ടുള്ള സന്നിവേഷത്തിൽ അർത്ഥാനം ഉണ്ടാകുന്നത് അതുപോലെ ശ്രുതിവാക്യവും ശ്രവണേന്ദ്രിയവുമായിട്ടുള്ള സന്നിവേഷത്തിൽ എന്തുണ്ടാവും ്രഹ്മാനുണ്ടാവും വാക്യാർത്ഥം ഞാനുണ്ടാവും അത് തന്നെ ബ്രഹ്മജ്ഞാനം എന്നാണ് പറയുന്നത് തത്വം അതുപോലെയാണ് ബ്രഹ്മജ്ഞാനം അതുകൊണ്ട് അവിടെ എന്താണ് ഇന്നത് ചെയ്യോ ഒരു കർത്തവ്യം എന്നൊന്നും പറയേണ്ട കാര്യം ഇല്ല അവന് അപ്പോൾ ഉണ്ടാകുന്ന ഞാനെന്താ ബ്രഹ്മജ്ഞാനം കേട്ടുകഴിഞ്ഞാൽ തത്ത് മസിന്ന് കേട്ടു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന ജ്ഞാനം തന്നെയാണ് അവനു ഞാനുണ്ടായാൽ ഉണ്ടായില്ലെങ്കിൽ പറയാൻ പറ്റില്ല ശരിക്കും അത് മനസ്സിലാക്കുന്ന അദ്വൈതിക്കാണെങ്കിൽ എന്തോ ഒരു തത്വം മസീന്ന് കഴിഞ്ഞാൽ അവൻ എന്തുണ്ടാവും ബ്രഹ്മജ്ഞാനം ഉണ്ടാവും പിന്നെ വേറെ ഒന്നും കർത്തവ്യമില്ല കർത്തവ്യ ശേഷം ആരെയായി പിന്നീട് എന്തെങ്കിലും ഒരു കർത്തവ്യം അവന് ശേഷിക്കുന്നുണ്ടോ ഇല്ല അവൻ ബ്രഹ്മജ്ഞാന അവനുണ്ടായി കഴിഞ്ഞു തദ്വതെന്നർത്ഥം